നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നാൽ നിങ്ങൾ അവ രഹസ്യമാക്കി വയ്ക്കുകയും ദരിദ്രർക്ക് നൽകുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാണ് നിങ്ങളുടെ പാപങ്ങളിൽ ചിലത് അവൻ നിങ്ങൾക്ക് പുറത്തു ചെയ്യും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബാനഹുവറ്റ് ആല സൂക്ഷ്മമായി അറിയുന്നവരാണ്